അടയാളങ്ങൾ നാടകരചന ഡോക്ടർ സി ജെ ജോൺ ശബ്ദസാന്നിധ്യം എൻ എഫ് വർഗീസ് എം കെ വാര്യർ വി എസ് രവീന്ദ്രനാഥ് ആർ സി ഗോപാൽ മഞ്ജു സി മാത്യു എൻ കെ സബാസ്റ്റിൻ ഷാജി യോഹന്നാൻ ഡോക്ടർ സി ജോൺ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ അടയാളങ്ങൾ കർത്താവേ എന്റെ മേലു കൊള്ളുമല്ലോ ഇതെന്നതാ തീപഴ പെയ്യുവാന്നോ എന്റെ ദേഹത്ത് കല്ലുകൾ വീഴുവാന്നോ കട്ടിൽ കുലങ്ങുവാന്നല്ലോകർത്താവേ ലോകാവസാനത്തിലെ തീപഴയും കല്ലുപുഴയും തുടങ്ങിയോ ദൈവമേ കട്ടിലെ നെടീക്കാൻ ഓക്കുന്നില്ലല്ലോ ി ശബ്ദം കേൾക്കാം അന്തിമ വിധിക്കായി വരികയാളെ തൊമ്മിക്കുഞ്ഞെ കുട്ടി പൗലോ കുഞ്ഞേ ആരുടെ ആരു അന്തിമ വിധിയുടെ നേരത്ത് ആരുമഴയും എന്നതായിരുന്നു ആ വലിയ ശബ്ദം ഭൂമി കുലുങ്ങിയ പോലെ തീമഴ പെയ്യുന്ന പോലെ പിന്നെ ഏതാണ്ട് ലോകത്ത് പോയ പോലത്തെ ഒരു വർത്തമാനം പിന്നെ കണ്ണു കാണാൻ മേലാണ്ടായപ്പോളെ മനസ്സിന്റെ കട്ടിയും കുറഞ്ഞു പോയി അതുകൊണ്ടായിരിക്കും എന്നാലും എന്റെ ഇതുപോലൊരു ബേക്കിനാവ് വലിയ പച്ചൻ ഇതാദ്യമായിട്ട് കാണുവേപ്പിനാവിന്റെ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പോയോ മറന്നു പോവാനോ എന്നതാമോളീ പറയണേ എന്റെ പുന്നാര സോഫി ബോളുടെ കല്യാണമല്ലേ എന്ന് ഞാൻ മറക്കുവോ വെളുപ്പിനെ നീറ്റതാ കുപ്പായവും മാറി പിന്നെ എപ്പോഴും ഒന്ന് ഉറങ്ങിപ്പോയി ും പ്രമേഹത്തിനുമുള്ള മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം എടുത്തു തരാൻ ഇനി ഞാൻ ഉണ്ടാവില്ലല്ലോ ഇവിടെ എന്തിനാ മോളെ ഞാൻ മരുന്ന് കഴിക്കുന്നേ ും അങ്ങനൊന്നും പറയലപ്പച്ച ആ എടുത്തു കഴിക്കാൻ ഞാൻ ഒരു എളുപ്പഴി ഉണ്ടാക്കിട്ടുണ്ട് എണീറ്റാട്ടെ ഈ വടി കൈ പിടിച്ചേ ഇങ്ങനല്ല പതുക്കെ എഴുന്നേക്കാൻ ഇല്ലേ തലകറങ്ങൂ അത് പറ്റുകയല്ലാ വല്ലപ്പച്ചനെ കൈ പിടിക്കൂന്ന് ചുവട് വലത്തോട്ട് നടന്നേ ഓഹോ ഇനി കൈ നീട്ടിയ മേശപ്പുറവായി ഒന്ന് തപ്പി നോക്കിക്കെ ഒരു ചെറിയ ചതുര പ്ലാസ്റ്റിക് പെട്ടി കൈ കിട്ടി അതിലാ പ്രമേഹത്തിന്റെ ഗുളിക തൊട്ടടുത്തുള്ള റൗണ്ട് പാത്രത്തില് കുപ്പിയുണ്ട് ഇങ്ങനെ മൂന്ന് ചുവട് വെച്ചാൽ കട്ടിലായി തോന്നുമ്പോ ില്ല <laughs> <laughs> <laughs> ഇപ്പൊണ്ടോ ഇപ്പൊ ഞാൻ സങ്കടപ്പെടുന്നുണ്ടോ ഞാനൊരു കാര്യം ചോദിച്ചു പറയൂ അതെന്താ കള്ളം പറയൂ മോഹിച്ചത് നടക്കാതെ നൊന്തിട്ടാണോ മോൾ ഈ കല്യാണത്തിന് ഇറങ്ങുന്നേ സന്തോഷമാണോ മോൾക്ക് സത്യമായിട്ടും ഇപ്പൊ സങ്കടമൊന്നുമില്ലല്ലോ എന്റെ മോൾക്ക് അമേരിക്കയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറുടെ ഭാര്യയാവാൻ പോവില്ലയോ പൊറത്ത് കുടുംബക്കാരെല്ലാം എന്റെ ഭാഗ്യം ഒന്നും പറഞ്ഞ് സന്തോഷിക്കുക അപ്പം പറഞ്ഞെന്താന്ന് വെല്ലുപ്പച്ചോർമ്മയില്ലായോ വളർത്തുന്നവരുടെ ഇഷ്ടം അനുസരിച്ച പെണ്ണിന്റെ ജീവിതം വളർത്തിന്റെ തലകുണിച്ചു അത് കാലം കൊറേ കഴിയുമ്പോ മാണെന്ന് പറഞ്ഞിട്ട് എന്നതാ കാര്യം ഞാൻ പറഞ്ഞ കേല്ല എന്റെ കണ്ണുണ്ടായിരുന്നെങ്കിൽ ഞാൻ സോഫിമോടെ ഇഷ്ടം നടത്തുമായിരുന്നു പറഞ്ഞിട്ട് എന്നതാ ഫലം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ഇനിയിപ്പോ എന്റെ സോഫിമോക്ക് വേണ്ടി അതല്ലേ ഈ വെള്ളിയപ്പച്ചിന് ചെയ്യാൻ പറ്റൂ മോളിങ് അടുത്തു വന്നേ ആ നിന്റെ തലയെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാം ഇതെന്നാ കളിയാ നീ ഇവിടെ ഇരുന്ന് കല്യാണപ്പെ ബോധം വേണക്ക് ആശം പിടിച്ചു എന്നതാ വല്യും കൂടിയൊരു സൂസിപ്പ് പുതിയതെങ്കിലും ഒപ്പിക്കാനായിരിക്കും അതിനൊക്കെ നേരവും കാലവും നോക്കണ്ടായോ ഫോട്ടോ പിടിക്കാനും വീഡിയോ പിടിക്കാനും അവന്മാര് വരുമ്പം പോരായോ അനുഗ്രഹമൊക്കെ ഒന്നുമില്ലേ സകലമാന പേരും പുറത്ത് കാത്തിരിക്കുക എന്ന ബോധം അപ്പനില്ലാണ്ടായി പോയല്ലോ ഇത് എന്നാ പെണ്ണിറങ്ങണില്ലായോ മൈതിരിയും കത്തിച്ച് കാത്തു നിർത്താൻ തുടങ്ങിട്ട് നേരം കൊറേ ഇറങ്ങുവോ ഇറങ്ങുവാടിയും നിന്നോടല്ലേ പറഞ്ഞ കെട്ടിനിറങ്ങാൻ വരുവാ അപ്പോ ഞാനീ വാതിലടയ്ക്കുവാ അപ്പൻ ഇവിടെ കിടന്നാ മതി വടിയും കുത്തിപ്പിടിച്ച് നടക്കാനൊന്നും നിക്കണ്ട കല്യാണ വീടാ അനർഥം ഉണ്ടാക്കി വെക്കരുത് ആ തുമ്മിക്കുഞ്ഞേ എന്താ എന്താ വേണ്ട കല്യാണത്തിന് പള്ളിയിലോട്ട് ഞാനും വരട്ടെടാ നോക്കിക്കേ ഞാൻ വെളുപ്പിനെ കുപ്പായ മാറിയിരിക്കുവാൻ എങ്ങും വരണ്ട എങ്ങും വരാൻ പോണില്ല കല്യാണത്തിരിക്കപ്പിത്തടഞ്ഞങ്ങാനും വീണാപ്പിന്റെ അത് മതി ചെലവിന് ഞാൻ അവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നോടാടാ കല്യാണ ശുശ്രൂഷ കാണാൻ പറ്റില്ലെങ്കിലും എനിക്ക് കേക്കാലോ ഒറ്റാവുമെന്ന് ഭയപ്പാട് വേണ്ട അപ്പന്റെ പഴയ പണിക്കാരൻ ആ നാണുവിനെ ഞാൻ നാട്ടീന്ന് വരുത്തിയിട്ടുണ്ട് പെണ്ണും പിടക്കോഴിയും ഇല്ലാണ്ട് ഒറ്റത്തടിയായി കഴിയല്ലേ അപ്പന് സഹായത്തിന് കൂടാൻ ഞാൻ പറഞ്ഞു അവൻ സമ്മതിച്ചു എന്നാലും എന്നാലും ഇല്ല കെട്ടുകഴിഞ്ഞ് നമ്മുടെ ഹാളിലെ സദ്യയും കഴിഞ്ഞ് മണവാളിനും മണവാട്ടും ഇങ്ങോട്ട് വരും അപ്പം കണ്ടാ മതി ഈ കണ്ണുകൊട്ടം കളി കളിക്കാൻ പള്ളിയിലോട്ട് അപ്പം വരണ്ട അവിടെ മന്ത്രിമാരും പ്രമാണിമാരും ഒക്കെ വരുന്നതാ അല്ല ഇത് എന്നാ പണിയാ തൊമ്മിച്ചൻ കാണിക്കുന്നെ പുറത്തെല്ലാരും തൊമ്മിച്ചനക്ക് വേണ്ടി കാത്തു കെട്ടി കിടക്കുവാ ഇത് എന്നാ കളിയാ അതിനെങ്ങനാ ഈ അപ്പന്റെ ഓരോ പിടിവാസികൾക്ക് ചെവി കൊടുക്കണ്ടേ അല്ല എനിക്കിത് കിട്ടണം തരക്കാര് താമസിക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കാൻ പലരും പറഞ്ഞതാ അതിന് നമ്മുടെ സമ്മതിക്കണ്ടേ എന്റെ തൊമ്മിച്ച സംസാരിച്ചിരിക്കാൻ നേരം പൊട്ടിക്കാത ഞാനിതാ വരുവാ എല്ലാ കാര്യങ്ങളും ഓക്കേ അല്ലേ എല്ലാം ഓക്കെ പക്ഷെ നല്ലൊരു മഴക്കോള് കാണുന്നുണ്ട് മഴ പെയ്യാവു ആ ഇനിയിപ്പൊ മഴ പെയ്താലും കുഴപ്പമില്ലെന്ന് കെട്ടി നടക്കുമ്പോ മഴ വെയ്യുന്നത് നല്ല ലക്ഷണം വന്നാ പറഞ്ഞെ തൊമ്മിച്ച വേഗം വാ അപ്പോ അപ്പന് ഞാൻ പറഞ്ഞ നോക്ക തലേ കയറിയിട്ടുണ്ടല്ലോ ഞാൻ ആ നാണൂനെ ഇങ്ങോട്ട് വിടാ ബെന്നെ ഇനിയും വൈകേണ്ട നീ വണ്ടിയെടുത്തോ കർത്താവേ എന്റെ സോഫി മോൾക്ക് നല്ലത് വരുത്തണേ ൂര് പോലെ തന്നെ അല്ലായോ എന്നതാ പെണ്ണിന്റെ അതറിയത്തില്ലയോ എസ്റ്റേറ്റും കൃഷിയും മലഞ്ചരക്ക വെച്ചോടും അങ്ങനെ നൂറുകൂട്ടം പരിപാടികളാ അപ്പനായിട്ട് കുടിയേറിയതാ ഇപ്പൊ ഈ കാണുന്നതെല്ലാം ഇതാരാ കുഞ്ഞപ്പനോ യാത്ര പോയി ചേരി അറിഞ്ഞില്ല അതുപോലെ ഒരെണ്ണം വാങ്ങാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓട്ടിക്കാനാ അപ്പൊ ബസ് സർവീസും തുടങ്ങുവന്നോ മണ്ണേല് മാത്രം പിടിച്ചു നിന്നാ ഇക്കാലത്ത് രക്ഷപ്പെടത്തില്ല അതുകൊണ്ട് അപ്പനെ പോലെ ഉള്ള വണ്ണം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന കാര്യം നടക്കുവോ അങ്ങോട്ട് പോയിക്കട്ടെ അപ്പം കാടും പിടിപ്പിച്ചോണ്ട് വെറുതെ ഇട്ടിരുന്ന മലയാ പറഞ്ഞു വരുമ്പോ ആ മലയുടെ പേര് ചേർത്താ ഞങ്ങളുടെ കുടുംബം അറിയുന്നത് ഏഹ് കിളിമലയിൽ ഫാമിലിന്ന് ഇപ്പൊ മലയിൽ കാടൊന്നുമില്ല അല്ലയോ കാടും കൊണ്ടിരുന്ന എന്നതാ ഗുണം നല്ല കാശിനെ ഞാൻ മരം ഒക്കെ വെട്ടി വിറ്റു അത് ബുദ്ധി മലയുടെ റോഡ് ഫ്രണ്ടേജുള്ള പത്തൊമ്പത് സെന്റ് മണ്ണു മാന്തി എടുത്താ ഞാൻ ആ ഹാള് പണിതത് കിട്ടുകഴിഞ്ഞാ പള്ളിയിലോട്ട് ഒരു ഹാൾ ഇവിടെ പത്തൊമ്പത് കിലോമീറ്റർ ചുറ്റളവില് ഇതുപോലൊരു ഹാളില്ല ഇപ്പൊ തന്നെ നല്ല ബുക്കിംഗ് അല്ലയോ വരണോരും പോണോരും അങ്ങനല്ലയോ പത്താൾക്കാര് വീട്ടുപേരുന്നേ എന്റെ അപ്പം കൊടുത്തതായി പള്ളി നീക്കുന്ന സ്ഥലം അത് ആർക്കറിയാം നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോ അത് നാട്ടുകാർ കൂടി അറിഞ്ഞില്ലേ എന്റെതാ ഒരു മെച്ചം അല്ലയോ അപ്പറ ശരിയാ എന്റെ മോനെ ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ അവ അമേരിക്കയിലോട്ട് പോയി അവരെ കണ്ടില്ലായിരുന്നോ അവരാ കല്യാണം കൊണ്ടുവന്നത് മടവാളാൻ എൻ്റെ ആ ഒക്കെ പറഞ്ഞാലും കാശിന് ഒരു വില ഇല്ലയോ പള്ളിയിൽ കണ്ടില്ലല്ലോ ചായ അപ്പനു തീരെ മേലാന്നേ വരാൻ നിർബന്ധിച്ചതാ ഞാൻ വരണില്ലെന്ന് പറഞ്ഞു വയസ്സായ വാശി ഒരു ജാതി ഓർമ്മക്കേട് ണുവേ നിനക്കെന്നതാ തോന്നുന്നേ എനിക്ക് ഓർമ്മ കേടുണ്ടോടാ എനിക്ക് പിന്നെയും കുറച്ചു പറയുകയുണ്ട് മാത്തു ഓർമ്മയ്ക്ക് നല്ല തെളിച്ചും എൻ്റെ കൈയാളായിട്ട് ഒത്തിരി കൊല്ലം നിന്നതല്ലയോന്നീ പിന്നാത്തിനാടാ ഒരു ദിവസം എന്നോട് പറയാതെ നീ മലയിറങ്ങിപ്പോയേന്നെ എന്നതാ നിന്ന് വിൽക്കുന്നേ അതെ അച്ചായന്റെയും സാറക്കുട്ടി കൊച്ചമ്മയുടെയും മറ്റല്ലോ പിള്ളേരുടെ കൊച്ചമ്മ മരിച്ചുപോയി അച്ചായന് ദീനം വന്ന് കണ്ണു കാണാനും വയ്യണ്ടായി തുമ്മി കുഞ്ഞിനെ ഞാൻ ഒത്തിരി നടന്നിട്ടുള്ളതാ എന്ന് വെച്ച് മുതലാളി മുതലാളി തന്നെയോ സമ്പ്രദായങ്ങൾ ചേരത്തില്ല എന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിപ്പോയി ആ ഒത്തുപോവില്ല എന്ന് തോന്നുമ്പോ നിനക്ക് പോകാം നീ അന്നയോ എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ ഇനിയുള്ള പോക്ക് അങ്ങ് മണ്ണിലേക്കല്ലയോ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇല്ലയോ പിന്നെ എന്നാ അച്ചാണോ ഉറവേന്നാണല്ലോ അന്നൊക്കെ ഇവിടെ ഉള്ള ഒരു മുഴുവൻ വെള്ളം കുടിച്ചോണ്ടിരുന്നേ മീനത്തിലും മേടത്തിലും ഒക്കെ തണലും കുളിലും ഉള്ള വല എന്തോരം കിടികളായിരുന്നു ഇപ്പം കാണണം വെറും ഒട്ടക്കുന്ന് ഇങ്ങോട്ട് പോരുമ്പോ ഞാൻ കണ്ടായിരുന്നു തുമ്മിക്കുഞ്ഞിന്റെ കല്യാണ ഹാളാണ് ആദ്യം കണ്ണി തറയ്ക്കണത് നമ്മുടെ പഴയ കിളിമലയാണെന്ന് തോന്നേയില്ലയോ പിന്നെ വിഷമം ഇല്ലാതെ ആ ചോലയിലെ വെള്ളം എത്ര കുടിച്ചതാ പണി ചെയ്ത് തളർന്നപ്പോ ആ തണലേറ്റ് എത്ര ഉറങ്ങിയതാ മേലുമുറിയുമ്പോഴും ദീനം വരുമ്പോഴും ഈ മലയിലെ പച്ചമരുന്ന് എത്ര സേവിച്ചതാ കാണുമ്പോ ചു തകർന്നു പോണു ഒക്കെ എന്റെ മോൻ വെട്ടി വെളുപ്പിച്ചതാ മലയോട് ചേർന്ന് കിടക്കുന്ന കാട് കൈയേറി മരംപെട്ടാനും തുടങ്ങിയിരിക്കുന്നു അവൻ കണ്ണിന് കാഴ്ചയും തടിക്കു കെൽപ്പുണ്ടായിരുന്നേ ഞാൻ തളയത്തില്ലായിരുന്നോ എന്നാത്തിനാ നാണു അവൻ ഇതൊക്കെ ചെയ്യണേ എനിക്കറിയാമേലോ കാലം മാറി പോയില്ലേ നമുക്കറിയാമേലുണ്ടാവും നാനുവേ സോഫിമോടെ കല്യാണ ഇപ്പം എത്തറ്റം വഴി ആയിട്ടുണ്ടാവും മോതിരം വാഴ്ത്തിയിട്ടുണ്ടാവൂടാ വെറുക്കനും കൂട്ടനും സമയത്ത് വന്നിട്ടുണ്ടെങ്കി ആയിട്ടുണ്ടാവണം ആത്തുകുട്ടിച്ചായന്റെ കല്യാണം ഞാൻ ഓർക്കുക മണവാട്ടിപ്പെണ്ണും വീട്ടുകാരും വരാൻ വൈകിയപ്പോ ആച്ചായന്റെ മുഖം വെള്ളറിപ്പോയത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് അവര് വരാൻ വൈകിയപ്പോ കാട്ടുപൂക്കിലെ ചെക്കന വേണ്ടെന്ന് വെച്ചു സാറാ കുട്ടി മനസ് മാറ്റിന്ന് ഞാനും ശരിക്കു പേടിച്ചു പോയി പെണ്ണുകാണല് കഴിഞ്ഞപ്പ മുതലേ ഞാൻ ഒത്തിരി മോഹിച്ചതല്ലയോ കല്യാണ ദിവസം രാത്രി പേടി മാറ്റാൻ അച്ചായും പട്ടച്ചാരായും കുടിച്ച് ഏതോ അലവലാദികൾ അച്ചായനെ പറഞ്ഞു പറ്റിച്ചതല്ലയോ എന്തൊക്കെ പുകലാന്നുണ്ടാക്കിയത് ഓർമ്മയുണ്ടോ അച്ചായനെ ഓർമ്മയുണ്ടോന്നോ നല്ല ഓർമ്മയുണ്ട് ഞാനും അതൊക്കെ മരിച്ചാലും മറക്കൂടാന്നല്ല പാടില്ല പാടില്ല നമ്മേ നമ്മൾ അത്യാവില്ലല്ലോ അടുത്തത് നോക്കല്ലേ മലയാപ്പുലഅനാ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളോരൂ വാഴ നട്ടു അച്ചന പണിയാ കാണിച്ചത് പുതുമണമാട്ടേർത്തി ഇങ്ങനെയാണോ പോന്നെ ോ മാസുട്ടി നാളെ ഇതുവരെ തള്ളയല്ല പെണ്ണിന്റെ മോശവും നോക്കിട്ടില്ല അതാണ് ഈ മാത്തു കുട്ടി പഴുക്കലുണ്ട് വീഴും പെണ്ണ് കന്യാണേല് ഞാൻ കഞ്ഞിന് അതാ നെഞ്ചിലൊരു പെടപിടപ്പ് മിന്നുകെട്ടുമ്പോലെ തുടങ്ങിയാ വിറയലാ ഇപ്പൊ ഓക്കെ മാറി എന്തോ ഒരു ശങ്കുറപ്പ് ശങ്കുറപ്പുണ്ട് എന്നാ കാല ഉറക്കണില്ലല്ലോ ചായ അതെന്ന തലയ്ക്ക് പിടിച്ചോടാ കാട്ടുപോത്തേ എന്റെ കായലോട്ട് നീ നോക്കിയേ ദേ പട്ടണ ആൾക്കാരനെ പോലെ എന്നാ മതിയാ മതി ജനാലെ കൂടി മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടം കാണാ ഏഹ് മണമാട്ടി പിന്നെ കാത്തിരിക്കാണല്ലോ എന്റെ ഈശ്വരാണവാട്ടി മലവാളിനായി ഉറകൊഴിച്ച് കാത്തിരിക്കണം അവളുറങ്ങാൻ പാടില്ല മനസ്സിലായിടാ പോലമുണ്ടല്ലോ ഞാൻ മണോറിൽ ഒട്ട് കേറുമ്പോ സറാകുട്ടി വേദപുസ്തകത്തിൻ്റെ ഉത്തമ ഗീതം ചൊല്ലിത്തരും ഏത് മനസ്സിലായുടാ ഞാൻ എൻ്റെ പ്രിയനുള്ള നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്ത് എഴുന്നേറ്റം മുന്തിരി തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളികൾ തളിർത്തു കം പൂക്കുകയും ചെയ്തു നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും പറയുമ്പോ എനിക്ക് കുളിര് കോരി ഇടുന്ന പോലെ വേണ്ട നീ അങ്ങനെ കുളിര് കോരിയാൻ പറ്റുമൊന്നും വേണ്ട പുതപ്പെും ചെറുക്കണും കഴിയുന്നിടത്ത് നിനക്കെന്ന നാടാ പോയം കുളിരുമ്പഴേ പോയി പൊതിച്ചു മൂടി കൈ രണ്ടാണ്ട് ഇങ്ങനെ കാലിൻ്റെ ഇടയിൽ തിരിഞ്ഞു ഉറങ്ങണാകൂ പോഴാ പോ എനിക്കിത് കിട്ടണം വഴിയിൽ വല്ലോ മീണ ആന ചവിട്ടിയോ പുലി കടിച്ചോ മണവാളന്റെ കാറ്റ് പോകണ്ടെന്ന് കരുതി കൂടെ പോന്നിട്ട് ആ പാലം കടന്നില്ലായോ ഇനി നാണുവിനെ കൂരായണ കൂരായണന്ന് വിളിക്കാലോ ഏ ഞാൻ പോവുക പോയാർത്താവേപ്പെടാപെടാന്ന് പിന്നെ തുടങ്ങിയോ എന്നാ ഇപ്പൊ അവളോട് മിണ്ടണേ എനിക്കാണ് ഒന്നും അറിയത്തൂല്ല കർത്താവേ ഛർദ്ദിക്കാനും തോന്നുന്നതല്ല സാറാ എടേ സാറാ കുട്ടി സാറാ ഇല്ല കുഴപ്പമൊന്നുമില്ല ുട്ടി നിന്നെ കാണാൻ എന്ത് ചേലടി ശരോണിലെ പരിഞ്ഞിർപ്പൂ പോലെ നിന്നു താഴ്വരയിലെപ്പൂ പോലെ അവൾ ഇപ്പോഴും അങ്ങേ ലോകത്തിരുന്ന് എനിക്ക് വേണ്ടി കരയുവല്ലയോ ജീവിച്ചിരുന്ന പാവളെ പിന്നെ ഞാൻ കരയിപ്പിച്ചിട്ടില്ല എനിക്കറിയില്ല ഞങ്ങള് കിളിമലയിൽ പോയിരിക്കും ഒത്തിരി കിനാവ് കാണും കിളികള് കൂടുകൂട്ടണ പോലെ കുടുംബം ഉണ്ടാക്കി സാറാ മക്കളെ പെറ്റു വളർത്തി എന്തോരം മനസ്സിലുള്ള പെണ്ണായിരുന്നു അവള് അവൾ ആദ്യം പോയി എന്റെ കാഴ്ചയും പോയി ഈ വീട്ടിൽ നിന്ന് ദൈവഭയവും പോയി മാനുവേ എൻറെ മുൻ തൊമ്മിക്കുഞ്ഞ് എന്നാത്തിനാ മനുഷ്യന്മാർക്ക് പ്രാന്തുണ്ടാക്കുന്ന ഈ കഞ്ചാവ് കൃഷി നടത്തുന്നേ കിളിമല എന്റെ ചങ്ക അത് വെട്ടി തുറന്ന് അവൻ ഹാള് പണിഞ്ഞത് അത് നമ്മളും മനസ്സിലാക്കണ്ടേ മണ്ണിന്റെ മനസ്സറിയാത്തവന് പെണ്ണിന്റെ മനസ്സും അറിയത്തില്ല നാണു വേ സോഫി മോള് ഇന്ന് കെട്ടാൻ പോയത് നീ തന്നെ പറതാണു പെണ്ണിന്റെ കണ്ണീരിൽ നിന്ന് വേണോ ഒരു പുതിയ കുടുംബം തുടങ്ങാൻ അപ്പോ സോഫി കൊച്ചിന് വേറെ ആരെയോ ഇഷ്ടമാണെന്ന് കേട്ടത് ശരിയാലോ അവടെ ഇഷ്ടം എന്നതാന്ന് തൊമ്മിക്കുഞ്ഞ് ചോദിച്ചത് പോലും ഇല്ല എന്റെ കർത്താവേ വിങ്ങി പൊട്ടി നിൽക്കുന്ന സോഫിയോടെ മനസ്സ് നേരെയാക്കണേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്നാ പുക അവൻ കൊച്ചു പേടിച്ചു വിറച്ചു പോയില്ലേ എന്നതാണ് തടസ്സം ഞാൻ നോക്കത്തില്ല പ്പൻ ഒരാളാണ് ഇവളെ ഇങ്ങനെ ആക്കിയത് എൻ്റെ പ്രശ്നം അവിടെ ആങ്ങള് അമേരിക്കയിലുള്ള നല്ലൊരു ചെറുക്കനെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നപ്പോ അവണം കഴിക്കേണ്ടു എനിക്ക് വേണ്ടെന്ന് പറയും റിയാത്തതല്ല നടക്കാമോ ഉള്ളതിന്റെ നക്കാപ്പിച്ച ശമ്പളം വാങ്ങുന്ന കോളേജ് വാദിയെ ഇവിടെ നോട്ടം മലേലെ മരം വെട്ടിയപ്പോ എനിക്കെതിരെ കൊടിയും പിടിച്ചു നടന്ന ആ തെണ്ടി പത്ത് പൈസയുടെ കുടുംബസ്വത്ത് ഇല്ലാത്ത എരപ്പാളി ആ ദൈവദോഷം പറയരുത് എന്റെ സാറാക്കുട്ടിയെ കെട്ടുമ്പോ എവിടുണ്ടായിരുന്നടാ നീ പറയുന്ന ഈ കുടുംബസ്വത്ത് ഇവിടെ അമ്മച്ച് ത്രേശ്യാകുട്ടിയെ കെട്ടുമ്പോ എവിടുണ്ടായിരുന്നടാ ഈ പറയുന്ന കുടുംബസ്വത്ത് മനപ്പൊരുത്ത മല്ലിയേടാ കാര്യം സ്വഭാവ ഗുണമല്ലിയോടാ ധനം ഏ കഴവാ ഞാൻ നിശ്ചയിക്കുന്ന പോലെ നടക്കത്തുള്ളൂ വേറെ എന്തെങ്കിലും പൂതി ഉണ്ടേല് അത് മറന്നേരേ പെണ്ണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ വാശി പിടിച്ച മറ്റവനുണ്ടല്ലോ ആ കോളേജ് വദ്യം തൂണ്ടമായി ഞാൻ കൊക്കയില് കിടത്തുറു കൊന്നളിഞ്ഞു സോഫിക്ക് ഇഷ്ടമുള്ള ആ ചക്കനെ തൊമ്മിക്കുഞ്ഞു കൊന്നുകളഞ്ഞു കാണും ഇല്ലോടാ ചെയ്യുവോ ചെയ്യത്തില്ലായിരിക്കും വഴിമുടക്കുന്ന എന്തും വെട്ടി മാറ്റുന്നവൻ ആ തുമ്മിക്കുഞ്ഞ് അവനത് ചെയ്തിട്ടുണ്ടാവും അല്ലേ സോഫിമോളുടെ ചക്കൻ പള്ളിയിൽ ചെന്ന് അവള് വിളിച്ചിറക്കിക്കൊണ്ട് പോകത്തില്ലയോ തുമ്മി അത് ചെയ്തിട്ടുണ്ടാവും അല്ലേ അവൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും അഞ്ചാറ് ദിവസം മുമ്പ് വലിയപ്പച്ചനെ കാറ്റ് കൊള്ളിക്കാനെന്നും പറഞ്ഞ് സോഫിമോള് എന്നെ കിളിമലയിൽ കൈപിടിച്ചുകൊണ്ട് പോയി കാറ്റുണ്ടായിരുന്നു പക്ഷേ കാറ്റിന് കുളിരില്ലായിരുന്നു വരണ്ട കാറ്റ് ശ്വാസം മുട്ടുന്നുണ്ട് വെല്ലുപ്പിച്ചിന് നടന്ന് ക്ഷീണിച്ചോണ്ടായിരിക്കും നിന്നെ ഇനി മതി ഈ പാറ നമുക്ക് സ്വല്പം ഇരിക്കാം എന്താ എല്ലാം ഒരാഴ്ച കഴിഞ്ഞ എന്റെ കല്യാണമാ വല്യപ്പച്ചിന് സന്തോഷല്ലേ അപ്പോ എനിക്ക് സ്നേഹമല്ലായിരുന്നു ഈ കിളിമലയിലൊക്കെ വന്നിരുന്ന് കിനാവ് കാണലും ഒരു പാത്രത്തിൽ നിന്ന് കഴിപ്പൊക്കെയായി സന്തോഷമല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളപ്പോ സന്തോഷമുണ്ടാവത്തില്ലയോ സാറാ കുട്ടി സ്നേഹമുള്ള എന്റെ സോഫിമോളെ പോലെ തന്നെ സ്നേഹമുള്ള ആളെ തള്ളി ഒരു പരിചയമില്ലാത്ത മനുഷ്യന്റെ ഒപ്പം പോകണെന്ന് പറയാൻ പറ്റൂ എന്റെ സോഫിമോളുടെ കളിച്ചിരികൾക്ക് ഞാൻ എന്നും കാതു വട്ടം പിടിക്കാറുണ്ട് അതിപ്പോ കുറെ ദിവസമായി കേൾക്കണില്ല ഈ മലയിൽ വരുമ്പോ പറവകളുടെ ചെലച്ചില് കേൾക്കാൻ കൊതിക്കാറുണ്ട് അതും ഇപ്പൊ കേൾക്കണില്ല ഇതൊന്നും ശരിയല്ല എന്ന് വെല്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഈ കിഴവൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒന്നും വേദപുസ്തകത്തിൽ നിന്ന് വലിയപ്പച്ച വെല്ലിപ്പച്ചയ്ക്ക് വായിച്ചു കേൾപ്പിക്കാറില്ലേ ഉത്തമ ഗീതത്തിലൊന്നെനിക്ക് കേൾക്കണം അത് വല്യപ്പച്ച പറയാമോ കേൾക്കാൻ കൊതിയായിട്ടോ വെല്ലുപ്പച്ച പറയാമോ ആ എത്ര രാവുകളിൽ ഞാൻ എന്റെ പെണ്ണിന്റെ കാതിൽ പറഞ്ഞിട്ടുള്ളതാ പറയാൻ കുഞ്ഞേ എന്റെ സുന്ദരി വന്നാലും നോക്കൂ തണുപ്പുകാലം കഴിഞ്ഞു മഴയും നിലച്ചുപോയി പൂവുകൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു പാട്ടുകാലം വന്നെത്തി മാടപ്രാവുകളുടെ കളകൂജനം നാട്ടിൽ കേട്ടു തുടങ്ങി അത്തിക്കായകൾ പഴുക്കുന്നു മുന്തിരി വള്ളികൾ പൂവണിയുന്നുമളം പരത്തുന്നു എന്റെ സുന്ദരിയെ വന്നാലും എങ്ങനെയുണ്ട് ഇതേ സ്നേഹമുള്ളവര് പറയുന്നതാ സ്നേഹമുള്ളയാള് ജീവിതകാലം മുഴുവൻ ഒപ്പം ഉണ്ടാവണമെന്നും ഇതൊക്കെ പറയണെന്നും ഏത് പെണ്ണും പോവില്ലേ സോഫി ബോളോട് അയാൾക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടോ അയാൾക്ക് നിന്നെ വന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോകാൻ ധൈര്യമുണ്ടോ അയാള് പാപത്തിന് വെട്ടിക്കൊന്ന് എന്റെ അപ്പൻ കൊക്കേലറിയില്ലേ കൊന്നാ മരിച്ചോണം സ്നേഹമുള്ളവർ കൊന്നിക്കാൻ ആരെങ്കിലും മരണം വിളിച്ച മരിച്ചോണം സ്നേഹമില്ലാതെ എന്തിനാ ജീവിക്കുന്നവർ ഒന്നിച്ചു കഴിയുമ്പോഴാ ഭൂമിയിൽ പൂവുകൾ വിടരുന്നേ പറവകൾ പാടുന്നേ ഇല്ലെങ്കിൽ പാട്ടുകാലം വരില്ല ഇല്ലെങ്കിൽ മണ്ണില് പൂവിന്റെ പരിമളം വീശില്ല കുഞ്ഞെ ഇടിവട്ടുംകാമേലോ കോഴയുടെ കാലത്ത് ദൈവകോപത്തിൽ ഉണ്ടായതുപോലത്തെ മഴ പ്രളയമഴ ും ഇപ്പൊ സദ്യ നടക്കുമായിരിക്കും ഇത് എന്നാ മഴയാച്ചീകോളം പോലെയാ മണ്ണിലേക്ക് ഇടിവാളും ഇങ്ങിയത് ഒക്കെ അടയാളങ്ങളാ ഒടേതമ്പുരാന്റെ അടയാളങ്ങൾ കർത്താവിന്റെ രണ്ടാം പരവാ ീ പറഞ്ഞോലെ നടക്കുക ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷണിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും നീ ഒന്ന് പള്ളിയിലോട്ട് വിളിച്ചു നോക്കിയേ ഒന്ന് വേഗം വിളിച്ചു നോക്കി ഒരു സമാധാനമായിട്ടൊരു പ്രകർത്താവേ അച്ചായൻ ഇവിടെ തന്നെ ഇരിക്കണം ഞാൻ പോയി നോക്കിയു വരാം ഓ ഇങ്ങനെയുണ്ടോ ഒരു മഴ അല്ല ഇതാര് പള്ളിയിലാണ് പള്ളേരി ഇനി എത്തിയില്ലോ അച്ഛ അച്ചായനാണെ കാത്തിൽ നിന്ന് മൂഷുന്നത് എത്ര പ്രാവശ്യം ആ ഹോളിലേക്ക് എന്നെ കൊണ്ട് പോലിപ്പിച്ചു മഴ തുടങ്ങിയ കാരണം അത് ചത്തിരിക്കുക അതുകൊണ്ട് ഒരു വിവരമില്ലാച്ചായോ ഇത് പള്ളിയിലും വരുമ്പം വരച്ച് പ്രാർത്ഥിക്കണ്ടായോ നല്ലതാ അതൊക്കെ വളരെ നല്ലതാ അച്ഛനോട് എന്റെ അടുത്തേക്ക് ഒന്ന് വരാൻ പറഞ്ഞാട്ടേ എനിക്ക് നാണുവിനോടൊരു കാര്യം പറയാനുണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും മുറിയിൽ പോയി സംസാരിക്കാം ആത്തുകുട്ടിച്ചായനെ ഞാൻ പിന്നീട് കണ്ടോളാം എന്നാച്ച കാര്യം നാണു ഈ മുറിയിലോട്ട് ഞാൻ ഈ കഥകൾ നടക്കട്ടെ എന്നാച്ചോ വല്ലാതെ ഒരു വലിയ ദുരന്തം നടന്നു ആ കർത്താവിൻ്റെ ഹിതമായിരിക്കാം വളച്ച് കാര്യം പറയാച്ചോ കല്യാണം കഴിഞ്ഞ് പെണ്ണ് മന്ത്രമോടൊിയാൻ ഹാളിൻ്റെ കിഴക്കുവശത്തെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയപ്പോഴാ മഴ ശക്തമായത് ഞങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് ഹാളിലേക്ക് പോകാൻ തയ്യാറെടുക്കായിരുന്നു തുമ്മിക്കുഞ്ഞു നേരത്തെ ഹാളിലേക്ക് പോയിരുന്നു മറ്റുള്ളവർ മഴ തോരാനായിട്ട് പള്ളിയിൽ നിൽക്കുമായിരുന്നു അപ്പോഴാ സംഭവം ഓർക്കുമ്പോൾ എൻ്റെ മേലാകത്തായിരിക്കണോ നടക്കുന്ന സംഭവങ്ങൾ പള്ളിമേടയിലിരുന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കിളിമലയുടെ മുകളിൽ ഇന്ന് ഒരു വലിയ പാറക്കഷണം അത് പിളർന്ന് കീഴോട്ട് വരുന്നു ഒപ്പം മലവെള്ളപ്പാച്ചില് മണ്ണും ചെളിയും പാറയും ശക്തമായ ഇടിവുഴക്കം പോലെ അതങ്ങനെ കുത്തി ഒലിച്ചു വരികയായിരുന്നു ഓഹ് ഒക്കെ ഈ നാലഞ്ച് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു കാണക്കാണേ തുമ്മിക്കുഞ്ഞിന്റെ ഹോളമുക്കാലും കാണാതായി എന്റെ ഗുരുവായൂരമ്മ ശവക്കുഴി മണ്ണിട്ട് മൂടുന്ന പോലെ ഹോളിൻ്റെ മീതെ മണ്ണും കല്ലും മണ്ണോടി തുമ്മിക്കുഞ്ഞ് തുമ്മിക്കുഞ്ഞിനും കുടുംബത്തിനും എന്നാ എന്നാച്ചാൽ സംഭവിച്ചത് ഫയർഫോഴ്സുകാർ പുറപ്പെട്ടിട്ടുണ്ട് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയിട്ടുണ്ട് മഴ കാരണം ഒന്നും പറ്റണില്ല ഹോളിൻ്റെ ആ കിഴക്കുവശത്ത് അത്രയേറെ മണ്ണ് വീണിട്ടില്ല പക്ഷേ ആളുകൾക്ക് പേടി ഇനിയും മലയിടിഞ്ഞാലൊന്നു മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതൊന്നും സംഭവിച്ചു കൊടുക്കുന്നില്ല മൂന്നാല് ഡെഡ് ബോഡി കിട്ടി രണ്ടെണ്ണം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പിന്നെയുള്ളത് പിന്നെയുള്ളത് പിന്നെയുള്ളത് രണ്ടെണ്ണം തുമ്മിക്കുഞ്ഞിന്റെയും ഭാര്യയുടെയും അവര് മരിച്ചു ഏതാണ്ട് ജീവനോട് കുഴിച്ചു പോലെ എന്റെ ദൈവമേ അച്ഛൻ എന്നതാണാ വരാത്തേ എന്നെ കാണാതെ തിരിച്ചുപോയോ ശബ്ദം കേട്ടില്ലാലോ എന്തൊരു ഭഗവാനെ ഓക്കെ മുകളിലുള്ളവൻ്റെ തീരുമാനമാ കാണാതായവർ ഒത്തിരി പേരുണ്ട് സംഭവം നടക്കുമ്പോൾ പത്തൊമ്പത് പേരെങ്കിലും ഹോളിൽ കാണണം അപ്പൊ അത്രയും പേര് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഒരു നിശ്ചയമില്ലെന്നാണ് ഈ നാട് മുഴുവൻ വെറുങ്ങലിച്ച് നിൽക്കുക സ്വന്തം വീട്ടിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് വേവലാതിപ്പെട്ട് എല്ലാവരും തിരക്കുക മരിച്ചു എന്ന് തോന്നിയ ചിലരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു പറയും ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു വന്നാൽ അതൊരാശ്വാസമാവുമല്ലോ കാണാതായവരുടെ അവസ്ഥ കൃത്യമായിട്ട് അറിയട്ടെ എന്നിട്ട് പറയാ ും ചെറുക്കന് വരാണ്ടാവുമ്പോ എന്ത് ന്യായം പറയുവെച്ചോ അതിപ്പോ ആ മഴ തീർന്നിട്ടേ വരികയുള്ളൂ എന്ന് മഴ തീരുമ്പോഴോ അപ്പോ വേറെ എന്തെങ്കിലും പറയണം എപ്പോഴെങ്കിലും ഇത് അറിയിക്കണ്ടേ എന്തെങ്കിലും വഴി കർത്താവ് ഒരുക്കും അച്ചോ നാളുവേ ഒന്നിങ്ങോട്ട് വായോ എന്തിനാ ഇത്രയധികം ആളുകൾ എന്റെ മുറിയിലോട്ടിപ്പം കേറി വരണേ ആരൊക്കെയായി ഇവര് എന്നതാ കാര്യം നാണുവേ എടാ നാണുവേ എങ്ങനെ കുട്ടിയച്ചോട് പറഞ്ഞു നിൽക്കണേ എനിക്കറിയാമല്ല എന്റെ പിരുവായ കല്യാണത്തിന്റെ സന്തോഷം നിറയേണ്ട വീടായിപ്പ മരണ വീടായി മരിച്ചവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചാൽ മാത്തു കുട്ടിച്ചതിന് സംശയമാകും പള്ളിയിൽ പ്രാർത്ഥന തുടങ്ങിക്കാണും പെട്ടെന്ന് ഇവനെ ആക്രമിച്ചു മരണത്തിൻ്റെ നിശ്ചയത്തെക്കുറിച്ച് അറിയിക്കുവാൻ അവന് അവസരം ലഭിച്ചില്ല എൻ്റെ പുനരുദ്ധാരം ഇവനെ ആശ്വസിപ്പിക്കാറാകണമേ എന്നത് അച്ചോ മൗനമായിട്ടിരിക്കുന്നേ ഒന്നുമില്ല മാത്രം ഞാൻ ചുമ്മാ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു കണ്ണു കാണാൻ മേലാത്ത എനിക്കൊന്നും കാണാൻ പറ്റുകയില്ലെന്നാവും അച്ഛൻ വിചാരിക്കുന്നേ ഒക്കെ എനിക്ക് മനക്കണ്ണീ കാണാ ചോ സോഫിമോളുടെ വിവാഹ കൂതാശം മുഴുവനും ഞാൻ കണ്ടു ദേ അവൾ മന്ത്രകോടിയൊക്കെ മാറി മണവാളനുമായി വന്ന് വല്യപ്പച്ചൻ്റെ അനുഗ്രഹം തേടാനിങ്ങെത്തും മഴയൊന്ന് പെയ്തു തീരട്ടെ അവൾ ഇവിടെ എത്തും അല്ലിയടാ നാണു ആ നാണുവേ നീ ആ ഫോൺ എടുത്ത് ഹാളിലോട്ടൊന്ന് വിളിച്ച് തിരക്കിയാട്ടെ മഴ കാരണം ഫോൺ കിട്ടുന്നില്ല കേട്ടെ ഓ ഇത് എത്ര നേരമായി മഴ ഇങ്ങനെ നിന്ന് പെയ്യുന്നു ആ പിന്നെ അച്ചോ സോഫി വോക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് ദാ ഇത് കണ്ടോ എത്ര കാലമായി ഞാൻ കരുതി വെച്ചതാണെന്നോ എന്റെ സാറാ കുട്ടിയുടെ കാശുമാല ആരും എന്താ ഒന്നും മിണ്ടാത്തേ ആരാവിടെ ഒന്ന് കരയുന്നേ ആരാത് അച്ചു എന്നതാ മുറിയിൽ ഇങ്ങനെ ആൾക്കാർ കേറി ഇറങ്ങണേ എന്നതാ അച്ഛോ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അത് പിന്നെ അത് പിന്നെ എന്റെ കർത്താവി ഞാൻ എന്നത് പറയാനാ എന്നതാ ചോ ഇത് ആംബുലൻസിന്റെ ശബ്ദം അങ്ങോട്ട് കാറില്ലാന്നല്ലോ കല്യാണം പുറപ്പെട്ടത് ഇതെന്തുവാ ഇപ്പൊ ആംബുലൻസി വന്നേ എന്നതാ ഇതൊക്കെ എനിക്ക് എനിക്ക് ഉമ്മറത്തേക്ക് പോണം നാണുവേ എന്നെ ഒന്ന് ഒന്ന് പിടിക്കണം ആരാ വന്നേ എന്തിനാ വന്നേ തൊമ്മിക്കുഞ്ഞേ തൊമ്മിക്കുഞ്ഞേ നീ വന്നോടാ എവിടെ എന്റെ പിള്ളാര് എന്റെ സോഫിമോള് എന്തിനായി ആംബുലൻസ് എന്നെ വൃദ്ധ മന്ദിരത്തിലോട്ട് കൊണ്ടുപോകാനാന്നോ ആർക്കാ ഇവിടെ അസുഖം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മാത്തുകൊട്ടിയ ചായോ കിളിമല നമ്മളെ ചതിച്ചു ഏ എന്നതാ എല്ലാരും പൊട്ടം കളിക്കുന്നേ ഈ വീട്ടിൽ നിന്ന് കല്യാണം ഇറങ്ങിയിട്ട് എട്ടുപത്തു മണിക്കൂറായി പെണ്ണും ചക്കനും മറ്റുള്ളവർ ഇപ്പൊരും ഇപ്പൊ വരുമെന്നു പറഞ്ഞ് പൊട്ടം കളിക്കുമല്ലായിരുന്നോ എന്നതാ നട കർത്താവ് മാത്തുകുട്ടിച്ചായതൊക്കെ താങ്ങാനുള്ള ശക്തി തരണെന്നാ എന്റെ പ്രാർത്ഥന ഒന്ന് പറയച്ചു കിളിമലയുടെ താഴെ നമ്മുടെ പുതിയ ഹാളിലേക്ക് മലയിടിഞ്ഞു വീണു കർത്താവേ മഴ ചതിച്ചു ഭൂമി ചതിച്ചു കല്യാണത്തിനെത്തിയ പത്തറവത് പേര് ജീവനോടെ മണ്ണ് മൂടിക്കളഞ്ഞു സോഫി മോളെ ഇനിയും കണ്ടുകെട്ടിയിട്ടില്ല എന്റെ പൊന്നുമോളെ ബാക്കിയുള്ളവരുടെ ശവശരീരങ്ങളാ ദൈപ്പ കൊണ്ടുവന്നേ അച്ചായന എന്നെ ഒന്നും മിണ്ടാത്തേ വാത്തുവിട്ടി ചായ എന്തെങ്കിലുമൊന്ന് പറഞ്ഞേ ദേ സ്വീകരണ പറയിൽ എല്ലാവരുടെയും മൃതശൈലങ്ങൾ കിടത്തിയിരിക്കുക അച്ചായമ്പ നമുക്ക് അങ്ങോട്ട് പോവാം അച്ചായ എൻ്റെ പൊന്നച്ചനെ ഞാൻ കൊണ്ടുപോവാം പിടിക്കാം ഞാൻ കൈ പിടിക്കാം പതുക്കെ പതുക്കെ ഇവിടെ ഇവിടെ ഇത് ഇത് തോങ്ങി കുഞ്ഞിൻ്റെ ഇതെന്റെ മോൻ തന്നെയാണോ ഇവ മിണ്ടാതിരിക്കുന്ന ഇതെന്റെ തൊമ്മയാണോ തൊമ്മിയാണേ അവൻ എൻറെ മോനാ അവൻ എൻറെ മോനാ എന്നതാച്ചോ ഇവൻ മിണ്ടാതിരിക്കുന്നേ ഇവനെന്നാ പറ്റി അച്ചോ എടാ നാണുവേ എന്നെ ഒിക്കുഞ്ഞാണോന്ന് ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ ഉണ്ട് ചെറുപ്പത്തിൽ വീണ് മുറിഞ്ഞപ്പോ നെറ്റിയിൽ വീണ് ആ പാടുണ്ട് ഇതെന്റെ തൊന്നിക്കുഞ്ഞ് തന്നെയാണ് അല്ലിയോടാ നാനൂരി സമാധാനിക്കും അതുകൊണ്ട് ചായ ഇതെന്നതാജോ ഇവന്റെ മുഖമൊക്കെ ഇങ്ങനെ വെറുത്തു കെട്ടിയിരിക്കുന്നേ ഞാനത് മറന്നു കാലത്ത് എന്നോട് പിണങ്ങിപ്പോയതല്ലയോ എന്നോടുള്ള കെറു കൊണ്ട് നമ്മുടെ തൊമ്മിക്കുഞ്ഞെച്ചുപോയു തോന്നിയാസം പറഞ്ഞാ നിന്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു പൊളിക്കും എന്റെ തൊമ്മിക്കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല അവനെ കുറ്റം പറഞ്ഞ അവൻ പറയുന്നത് ഇരുത്തി മൂളിയില്ലെന്നാണു നീ കേട്ടില്ലേ എന്നാ മലമടക്കിൽ കാട് വെട്ടുന്നതും കഞ്ചാവ് കൃഷി ചെയ്യുന്നതും തെറ്റല്ലോടാ അവൻ പിന്നെ മൂളുന്നു ഇല്ലയോ അച്ചാ ആ വാദ്യാരി ചക്കന് സോഫി മോളെ കെട്ടിച്ചു കൊടുക്കാൻ എഴുന്നേറ്റ് ചകുത്താനെ പോലെ ഒന്ന് എന്നു ഇപ്പൊ ഇന്ന് തെറി വിളിക്കാത്ത ഒമിക്കുഞ്ഞെ നീ അപ്പനോടൊന്ന് വഴക്കുണ്ടാക്കട അപ്പനെ ഒന്ന് തെറി നിന്റെ തന്തയെ പുളിച്ച ചീത്ത വിളിക്കടാ കഴുവരുടെ മോനെ ോടാ പറഞ്ഞേ എന്നെ തെറി വിളിക്കാൻ അവൻ ഇനി എണീക്കുവല്ലേ അച്ചോ അവൻ ചത്തുപോയി അല്ലേ ഇന്നും കാലത്തെയും വീട്ടിൽ ഇന്ന് മോളെ ഇറങ്ങി പോയതാ എന്റെ മോൻ എന്നിട്ട് തിരിച്ചു വന്നേക്കുന്നോ കണ്ടില്ലേ തൊപ്പിക്കുഞ്ഞ് എവിടാ എന്റെ തോപ്പി പോള് പറടാ ഇതൊക്കെ പ്രാർത്ഥിക്കാം തൊന്നിക്കുഞ്ഞ് പള്ളിയിലോട്ട് ഞാനും കൂടി വരാ വരാന്ന് പറഞ്ഞത് കെഞ്ചിയതല്ലോടാ ആ കണ്ണി ചോരയില്ലാത്തവനെ ഞാൻ വരുന്നതിന് എന്നാത്തിനാടാ തടസ്സം പറഞ്ഞു കുമ്പോഴും കൂട്ടത്തിൽ കൂടാൻ പറ്റാത്ത മഹാഭാവിയാണോടാ ഞാൻ പറയണ തൊമ്പിക്കുഞ്ഞ് അച്ഛയമ്മ ും മരുമക്കളും പിള്ളാരും ഒക്കെ ഒഴേതമ്പരാൻ കൊണ്ടുപോയില്ലേ ഈ മാത്തു കുട്ടിയുടെ വംശം മുടിഞ്ഞു പോയല്ലേട അതാണോ അച്ചോ എന്റെ സോഫിമോളിന്റെ അടുത്തേക്ക് കൊണ്ടുപോവേ കണ്ടെത്താനായിട്ടില്ല മോള് വേഷം മാറാൻ പോയ മൊഴിയുടെ മേൽ മണ്ണെങ്ങനെ ഒന്നും പറ്റാനിടയില്ല പിന്നെ എൻ്റെ എനിക്ക് എന്റെ സോഫിമോളെങ്കിലും വേണം ആരുമില്ല എന്റെ മോളെ ഒന്ന് രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഈ മഴ കാരണം ഒന്നും നേരെ രൂപ നടക്കുന്നില്ല കർത്താവിനോട് പ്രാർത്ഥിക്കെ ഇനി മലയും മണ്ണ് എടുക്കാൻ പറയണ നാട്ടുകാർക്ക് മലയിടിയോ എന്ന് പേടിയാണെങ്കിൽ ഈ മാത്തു പോയി രക്ഷിക്കും എന്റെ സോഫിമോളെ വേണ്ട വേണ്ട മധുടി കൈ നിനക്ക് പേടിയാണെങ്കിൽ നീ വരണ്ട ആരും വരണ്ടി ഞാൻ പോയി എന്റെ മോളെ ഞാൻ പോയി രക്ഷപ്പെടുത്തും ഹലോ ആരാ എന്റെ ഗുരുവായൂരപ്പാ എനിക്കിത് വിശ്വസിക്കാൻ മേല മോൾ ഇത് എവിടുന്നാ ആരാണോ എന്താ കാര്യം മോളിലെ കിഴക്കേ മുറിയുന്ന സോഫി മോള് സണ്ണിയെ ജീപ്പ് എടുത്ത് പോ ഫയർഫോഴ്സ് രക്ഷിക്കാൻ പറ വേഗം പോ വേഗം കുഞ്ഞ് െ ഞത്തിക്കാം നീ ഒന്ന് പിടിച്ചെ അച്ചായ മോളോട് സംസാരിക്കട്ടെ അച്ചായൻ തിരക്ക് കൂട്ടണ്ട സോഫിമോക്ക് ഒരു കുഴപ്പമില്ല തന്നെ ഹലോ മോളെ ഇത് നിന്റെ വല്യപ്പച്ചനാ എന്റെ സോഫി മോളെ നീ ഒന്ന് മിണ്ടിക്കോളെ എന്തെങ്കിലും ഒന്ന് പറയുമോ എന്റെ പൊന്നുമോളെല്ലോ എന്റെ പൊന്നുമോൾക്ക് ഇവിടെ ഇതെന്നാ പറ്റിയത് ചെളിയും മണ്ണും ഭയങ്കര ശബ്ദം ഞാനിവിടെ മുറിയില് ഒരു തുറക്കം മെല വെല്ലിപ്പിച്ച പുറത്തും മഴയും ആൾക്കാരുടെ നിലവിളിയും കുടുങ്ങിപ്പിച്ച ും എന്നിട്ട് എന്നെ രക്ഷൻ വരാളെ എല്ലാര്ക്കും പേടിയാ ഇനി മല ഇടിയൊന്ന് പേടിയാ വെല്ലുപ്പിച്ച പക്ഷേ മഴ നിന്നില്ലേ ഇനി വരുമ്പോളെ മല ഇടിഞ്ഞാർക്കൊന്നും പറ്റില്ലല്ലോ ഇല്ല മോളെ ഒന്നും പറ്റിട്ടില്ല മോള് രക്ഷപ്പെട്ട് പെട്ടെന്ന് വല്യപ്പിച്ച കരയാതെ ഇപ്പൊ ആക്കാര് ഇങ്ങോട്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഡയൽ ചെയ്ത് നോക്കാം തന്നെ അച്ഛ ഫോൺ വെച്ചേ അവള് വിളിക്കും അല്ലെങ്കിൽ രക്ഷപെട്ടു വരും ഉറപ്പാ കീട്ടിലെ മഴ നിലച്ചു ഇനി എന്റെ മോള് രക്ഷപെട്ടു വരും ഞാൻ പറഞ്ഞില്ലേ അവള് വിളിക്കുന്നു അച്ഛന ഫോണൊന്നെടുത്തെ ഹലോ ആരെ എന്താ പറ്റിയത് എന്റെ സോഫി ബോൾ അല്ലേ അത് എന്നാ അച്ചോ നാണോ മാത്തു കുട്ടി മുറിലോട്ട് കിടന്നിട്ടുവാ എന്റെ മോളല്ലേ വാ അച്ഛേ പറയട്ടെ ഹലോ തൊട്ടു മുമ്പേ വിളിച്ചതായിരുന്നു സംസാരിച്ചു ദൈവഹിതങ്ങനല്ല എന്ത് പറയാ എന്നാലും ഇങ്ങനെ പരീക്ഷിക്കണമായിരുന്നോ ഭർത്താവ് ആരാ വിളിച്ചത് സോഫി മോളാണോ പള്ളിമേട്ടിന്ന് കപ്പ്യാർ പവിലോ വിളിച്ചതാ എന്നാ എന്നാ പറ്റിയത് എന്തോ പന്തികേടുണ്ടല്ലോ മല പിന്നെ ഇടിഞ്ഞു കുറെ കൂടി ശക്തിയിൽ ദൈവമേ ഹോളന്റെ കിഴക്കി മുറിയുടെ മീതു ഒന്നും ബാക്കി ഉണ്ടാവില്ലെന്ന പൗലോ പറഞ്ഞ് കുറച്ച് ഫയർഫോഴ്സ് വരെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അപ്പോ സോഫി കുഞ്ഞ് കേട്ടല്ലേ കൂട്ടമണി ദൈവം മടക്കി പിടിച്ച ഒരു ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ ഗുരുവായൂരപ്പാ മാരുമെന്നും പറഞ്ഞ് മഴ നിലച്ചു കഴിഞ്ഞു പൂകൾ മണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പാട്ടുകാലം വന്നെത്തിമയിൽ കിളികളുടെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി പൂക്കളുടെ പരിമളം തരന്ന് തുടങ്ങി ഇപ്പോ എന്റെ സോഫി മോള് വരും കാഴ്ചയായിട്ട് അവൾ വരും ഞാനും അവളും ചേർന്ന് കിളിമലയിൽ മരങ്ങൾ നടും കാടുണ്ടാക്കും കിളികൾക്ക് വീടൊരുക്കും മലയപ്പോ എട്ടില്ല മനുഷ്യരാരും ചാവുകയല്ല അവള് വരും അവള് വരും സോഫി മോള് വരും ടയാളങ്ങൾ നാടകം സമാപിക്കുന്നു നാടകരചന ഡോക്ടർ സി ജെ ജോൺ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മാത്തുക്കുട്ടി എൻ എഫ് വർഗീസ് നാണു എം കെ വാര്യർ തൊമ്മിക്കുഞ്ഞ് ആർ സി ഗോപാൽ അച്ഛൻ വി എസ് രവീന്ദ്രനാഥ് सोफी ोफिमो मंजु सिं एन कास्ट मत शब्द षाजी योहन डॉक्टर सी जे जोण संविधान के विशंद्रन